നടത്തുക തന്നെ വേണം ഗോപി നീ ഒന്ന് ചുമ്മാതിരിക്കേ അവളുടെ അഭിപ്രായം പറയുകയല്ലേ അതിന് നീ ഇത്ര ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ അച്ഛാ പൂച്ചയ്ക്ക് പൊന്നെടുക്കുന്നടുത്ത് എന്ത് കാര്യം അവളോട് ആരും അഭിപ്രായം ചോദിച്ചില്ലല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ അവളെ വിളിച്ചില്ല എന്ന് വെച്ച് അവൾക്ക് അവളുടെ അഭിപ്രായം പറഞ്ഞുകൂടെ വാസ്തവത്തിൽ കാര്യം അവളെ സംബന്ധിക്കുന്നതല്ലേ അച്ഛ കുടുംബസ്വത്ത് വിറ്റ് കല്യാണം നടത്തണമെന്ന് ചേട്ടൻ പറയുന്നതിനോട് അച്ഛനും യോജിക്കുകയാണ് മോളെ വേണ്ടി വന്നാൽ അതും ചെയ്തല്ലേ തീരു വേണ്ട അങ്ങനത്തെ ഒരു കല്യാണം എനിക്ക് വേണ്ട അത് നീയല്ലോ തീരുമാനിക്കേണ്ടത് ും തെറ്റ് പഠിപ്പിക്കുകയാണോ നീ അത്രയ്ക്കും വളർന്നോ ഞാൻ ആരെയും പഠിപ്പിക്കുകയല്ലായിരുന്നു എന്റെ കാര്യം പറഞ്ഞു എന്നേയുള്ളൂ മക്കളെ വഴക്ക് കൂടാതിരിക്കുന്നു ഗോപി അവൾ പറഞ്ഞതിലും കാര്യമില്ലാതില്ല ഞാനും അതാലോചിക്കുകയായിരുന്നു എന്തായിരുന്നു നമ്മൾ അവളോട് സമ്മതം ചോദിച്ചില്ലല്ലോ എന്ന് അച്ഛനിങ്ങനെ ഓരോന്ന് ചോദിച്ചും പറഞ്ഞും കൊണ്ടിരുന്നാൽ അവൾ ഇവിടെ ഇരുന്ന് മൂത്ത് നരക്കുകയേ ഉള്ളൂ അവസാനം അവൾക്ക് പോലും നമ്മോട് മുഷു തോന്നും ഒരിക്കലും എന്റെ മോനെ ഒന്ന് സമാധാനമായിട്ട് വർത്തമാനം പറ നീയും ഒന്ന് അകത്തോട്ട് പോകുമ്പോളെ അച്ഛൻ പിന്നെ വിളിക്കാം അച്ഛണം നടത്തുക വേണം ഇനി ഒട്ടും വെച്ച് നീട്ടാൻ പാടില്ല മിനിഞ്ഞാന്ന് ഞാൻ ആ മുഴുക്കാങ്കടയുടെ അടുത്ത് നിന്നപ്പോൾ നാരായണൻ പറയുകയായിരുന്നു നമ്മൾ സരളെ കല്യാണം കഴിച്ചു കൊടുക്കാത്തത് അവളുടെ ശമ്പളം പോകുമല്ലോ എന്നുള്ള പേടി കൊണ്ടാണെന്ന് മോനെ ആയിരം കുടത്തിന്റെ വായുമൂടാം പക്ഷെ ആറാളുകളുടെ നാവടക്കാൻ പറ്റില്ല അത് കാരണം മറ്റുള്ളവർ പറയുന്നത് നാം കണക്കിലെടുക്കണ്ട നാക്കിന് എല്ലില്ലാത്തത് കൊണ്ട് അവരെന്തും പറയും അതിനൊക്കെ ഉത്തരം കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ബുദ്ധിമോശം സരളയുടെ കാര്യത്തിൽ നിനക്ക് എന്ത് ശരിയെന്ന് തോന്നുന്നു അത് ചെയ്യേ അവളുടെ നന്മയെ നമുക്ക് വേണ്ടു ലിസൺ ഗോപി നീ ഒന്ന് ചുമ്മാതിരിക്കേ ഗോപി നീ ഒന്ന് ചുമ്മാതിരിക്കൾ അവളുടെ അഭിപ്രായം പറയുകയല്ലേ അവൾ അവളുടെ അഭിപ്രായം പറയുകയല്ലേ അതിന് നീ ഇത്ര ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ അതിന് നീ ഇത്ര ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ അച്ഛ പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്ത് കാര്യം അച്ഛ പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്ത് കാര്യം അവളോട് ആരും അഭിപ്രായം ചോദിച്ചില്ലല്ലോ അവളോട് ആരും അഭിപ്രായം ചോദിച്ചില്ലല്ലോ നമ്മൾ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ അവളെ വിളിച്ചില്ല എന്ന് വെച്ച് നമ്മൾ അവളെ വിളിച്ചില്ല എന്ന് വച്ച് അവൾക്ക് അവളുടെ അഭിപ്രായം പറഞ്ഞുകൂടെ അവൾക്ക് അവളുടെ അഭിപ്രായം പറഞ്ഞുകൂടെ വാസ്തവത്തിൽ കാര്യം അവളെ സംബന്ധിക്കുന്നതല്ലേ അവളെ സംബന്ധിക്കുന്നതല്ലേ അച്ഛാ കുടുംബസ്വത്ത് വിറ്റ് കല്യാണം നടത്തണമെന്ന് അച്ഛാ കുടുംബസ്വത്ത് വിറ്റ് കല്യാണം നടത്തണമെന്ന് ചേട്ടൻ പറയുന്നതിനോട് അച്ഛനും യോജിക്കുകയാണ് ചേട്ടൻ പറയുന്നതിനോട് അച്ഛനും യോജിക്കുകയാണ് മോളെ വേണ്ടി വന്നാൽ അതും ചെയ്തല്ലേ തീരു മോളെ വേണ്ടി വന്നാൽ അതും ചെയ്തല്ലേ തീരു വേണ്ട വേണ്ടച്ച അങ്ങനത്തെ ഒരു കല്യാണം എനിക്ക് വേണ്ട അങ്ങനത്തെ ഒരു കല്യാണം എനിക്ക് വേണ്ട അത് നീയല്ല തീരുമാനിക്കേണ്ടത് അത് നീയല്ല തീരുമാനിക്കേണ്ടത് നിന്നോടാറെങ്കിലും സമ്മതം ചോദിച്ചോ നിന്നോടാരെങ്കിലും സമ്മതം ചോദിച്ചോ അതാണല്ലോ പറ്റിയതെറ്റ് അതാണല്ലോ പറ്റിയ തെറ്റ് നീ എന്നെ തെറ്റും ശരിയും പഠിപ്പിക്കുകയാണോ ആഹാ നീ എന്നെ തെറ്റും ശരിയും പഠിപ്പിക്കുകയാണോ നീ അത്രയ്ക്ക് വളർന്നോ നീ അത്രയ്ക്ക് വളർന്നോ ഞാൻ ആരെയും പഠിപ്പിക്കുകയല്ലായിരുന്നു ഞാൻ ആരെയും പഠിപ്പിക്കുകയല്ലായിരുന്നു എന്റെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ എന്റെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ മക്കളേ വഴക്ക് കൂടാതിരിക്കും മക്കളെ വഴക്ക് കൂടാതിരിക്കും ഗോപി അവൾ പറഞ്ഞതിലും കാര്യമില്ലാതില്ല ഗോപി അവൾ പറഞ്ഞതിലും കാര്യമില്ലാതില്ല ഞാനും അത് ആലോചിക്കുകയായിരുന്നു ഞാനും അത് ആലോചിക്കുകയായിരുന്നു എന്തോന്ന് എന്തോന്ന് നമ്മൾ അവളോട് സമ്മതം ചോദിച്ചില്ലല്ലോ എന്ന് നമ്മൾ അവളോട് സമ്മതം ചോദിച്ചില്ലല്ലോ എന്ന് അച്ഛൻ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചും പറഞ്ഞു കൊണ്ടിരുന്നാൽ അച്ഛനിങ്ങനെ ഓരോന്ന് ചോദിച്ചും പറഞ്ഞു കൊണ്ടിരുന്നാൽ അവൾ ഇവിടെ ഇരുന്ന് മൂത്ത് നരക്കുകയേ ഉള്ളൂ അവൾ ഇവിടെ ഇരുന്ന് മൂത്ത് നരക്കേ ഉള്ളൂ അവസാനം അവൾക്ക് പോലും നമ്മോട് മുഷുവു തോന്നും അവസാനം അവൾക്ക് പോലും നമ്മോട് മുഷു തോന്നും ഒരിക്കലുമില്ല ഒരിക്കലുമില്ല ഓടിയകത്ത് എന്റെ മോനെ ഒന്ന് സമാധാനമായിട്ട് വർത്തമാനം പറ മോനെ ഒന്ന് സമാധാനമായിട്ട് വർത്തമാനം പറ നീയും ഒന്ന് അകത്തോട്ട് പോകുമ്പോളെ നീയും ഒന്ന അകത്തോട്ട് പോകുമ്പോളെ അച്ഛൻ പിന്നെ വിളിക്കാം അച്ഛൻ പിന്നെ വിളിക്കാം അച്ഛണം നടത്തുക തന്നെ വേണം അച്ഛാ ഈ കല്യാണം നടത്തുക തന്നെ വേണം ഇനി ഒട്ടും വെച്ച് നീട്ടാൻ പാടില്ല ഇനി ഒട്ടും വെച്ച് നീട്ടാൻ പാടില്ല മിനിഞ്ഞാന്ന് ഞാൻ ആ മുറുക്കാൻകടയിൽ അടുത്ത് നിന്നപ്പോൾ മിനിഞ്ഞാന്ന് ഞാൻ അമുറുക്കാൻകടയിൽ അടുത്തു നിന്നപ്പോൾ നാരായണൻ പറയുകയായിരുന്നു നാരായണൻ പറയുകയായിരുന്നു നമ്മൾ സരളയെ കല്യാണം കഴിച്ചു കൊടുക്കാത്തത് കല്യാണം കഴിച്ചു കൊടുക്കാത്തത് അവളുടെ ശമ്പളം പോകുമല്ലോ അവളുടെ ശമ്പളം പോകുമല്ലോ എന്നുള്ള പേടി കൊണ്ടാണെന്ന് എന്നുള്ള പേടി കൊണ്ടാണെന്നും മോനെ ആയിരം കുടത്തിന്റെ വായ് മൂടാം മോനെ ആയിരം കുടത്തിന്റെ വായ് മൂടാം പക്ഷേ ആറ് ആളുകളുടെ നാവടക്കാൻ പറ്റില്ല പക്ഷേ ആറാളുകളുടെ നാവടക്കാൻ പറ്റില്ല അതുകാരണം മറ്റുള്ളവർ പറയുന്നത് അതുകാരണം മറ്റുള്ളവർ പറയുന്നത് നാം കണക്കിലെടുക്കണ്ട നാം കണക്കിലെടുക്കണ്ട നാക്കിന് എല്ലില്ലാത്തതുകൊണ്ട് അവരെന്തും പറയും നാക്കിന് എല്ലില്ലാത്തതുകൊണ്ട് അവരെന്തും പറയും അതിനൊക്കെ ഉത്തരം കൊടുക്കാൻ പോകുന്നത് അതിനൊക്കെ ഉത്തരം കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ബുദ്ധിമോശം നമ്മുടെ ബുദ്ധിമോശം സരലയുടെ കാര്യത്തിൽ നിനക്കെന്ത് ശരിയെന്ന് തോന്നുന്നു കാര്യത്തിൽ നിനക്ക് എന്ത് ശരിയെന്ന് തോന്നുന്നു അത് ചെയ്യേ അവളുടെ നന്മയെ നമുക്ക് അവളുടെ നന്മയെ നമുക്ക് വേണ്ടു ഡ്രിൽ സരള അവളുടെ അഭിപ്രായം പറയുകയാണ് സരള അവളുടെ അഭിപ്രായം പറയുകയാണ് അച്ഛനും മകനും പരസ്പരം തർക്കിക്കുകയാണ് അച്ഛനും മകനും പരസ്പരം തർക്കിക്കുകയാണ് കുഞ്ഞുങ്ങൾ മൈതാനത്തിൽ കളിക്കുകയാണ് കുഞ്ഞുങ്ങൾ മൈതാനത്തിൽ കളിക്കുകയാണ് ഞാനും ആ വിഷയത്തെ പറ്റി ആലോചിക്കുകയായിരുന്നു ഞാനും ആ വിഷയത്തെ പറ്റി ആലോചിക്കുകയായിരുന്നു ഞങ്ങൾ അപ്പോൾ വീട്ടിന്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു ഞങ്ങൾ അപ്പോൾ വീട്ടിന്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം ഈ സമയം അവൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം ഈ സമയം അവൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുകയായിരുന്നു അമ്മ മകനെ പറ്റി ഓർക്കുകയായിരിക്കും അമ്മ മകനെ ഓർക്കുകയായിരിക്കും ഇപ്പോഴും ആ ചേട്ടനും അനിയനും തമ്മിൽ വഴക്കുകൂടുകയായിരിക്കും ഇപ്പോഴും ആ ചേട്ടനും അനിയനും തമ്മിൽ വഴക്കുകൂടുകയായിരിക്കും വെള്ളമില്ലാത്ത ആ മരുഭൂമിയിൽ ആളുകൾ കഷ്ടപ്പെടുകയായിരിക്കും വെള്ളമില്ലാത്ത ആ മരുഭൂമിയിൽ ആളുകൾ കഷ്ടപ്പെടുകയായിരിക്കും മഹാകവി തന്റെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് മഹാകവി തന്റെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് വിമാനം വളരെ താണു പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു യായിരുന്നു അവൾ ഇപ്പോഴും നേടാൻ കഴിയാത്തതിനെ പറ്റി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാവും അവൾ ഇപ്പോഴും നേടാൻ കഴിയാത്തതിനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാവും ഞങ്ങൾ ആരെ പറ്റിയും കുറ്റം പറയുകയല്ല ഞങ്ങൾ ആരെ പറ്റിയും കുറ്റം പറയുകയല്ല അവർ കുടുംബസ്വത്ത് വിറ്റ് മകളുടെ കല്യാണം നടത്തുകയല്ലായിരുന്നു അവർ കുടുംബസ്വത്ത് വിറ്റ് എഞ്ചിനീയർമാർ പാലം കെട്ടിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു എഞ്ചിനീയർമാർ പാലം കെട്ടിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു എക്സ്പാൻഷൻ ഡ്രിൽ അവർ താമസിക്കുകയായിരുന്നു വാടകയ്ക്ക് അവർ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു താമസിക്കുകയായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ അവർ അന്നൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ചെറിയ അവർ അന്നൊക്കെ ഞങ്ങളുടെ ചെറിയ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു നൗ ഫോളോ ദോഡൽ സരള സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാവും സരള വീട്ടുകാരെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാവും നാട് വിട്ടുപോയ നാട് വിട്ടുപോയ സർല വീട്ടുകാരെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാവും ആദ്യമായി ആദ്യമായി നാട് വിട്ടുപോയ സർള വീട്ടുകാരെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാവും ഞാൻ ജോലി നോക്കുകയായിരുന്നു പട്ടാളത്തിൽ ഞാൻ പട്ടാളത്തിൽ ജോലി നോക്കുകയായിരുന്നു ലോകയുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോൾ ലോകയുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പട്ടാളത്തിൽ ജോലി നോക്കുകയായിരുന്നു രണ്ടാം ലോകയുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പട്ടാളത്തിൽ ജോലി നോക്കുകയായിരുന്നു റീസ്റ്റേറ്റ്മെന്റ് ഡ്രിൽ മോഡൽ വൺ ലളിത റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നു ലളിത റേഡിയോ കേട്ടുകൊണ്ടിരിക്കുകയാണ് നൗ ഫോളോ ദോഡൽ എല്ലാവരും പാഠത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരും പാഠത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രിമാർ കൈക്കൂലി വാങ്ങി ജോലി കൊടുത്തുകൊണ്ടിരിക്കുന്നു മന്ത്രിമാർ കൈക്കൂലി വാങ്ങി ജോലി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഉയർന്ന ചെരിപ്പിട്ട് ശീലിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഉയർന്ന ചെരിപ്പിട്ട് ശീലിച്ചു കൊണ്ടിരിക്കുകയാണ് പതിനാറ് വയസ്സുള്ള ആ പയ്യൻ കൂലിവേല ചെയ്ത് കുടുംബം പുലർത്തിക്കൊണ്ടിരിക്കുന്നു പതിനാറ് വയസ്സുള്ള ആ പയ്യൻ കൂലിവേല ചെയ്ത് കുടുംബം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് മോഡൽ ടു അച്ഛൻ സമ്പാദിച്ച പണം മകൻ നശിപ്പിച്ചുകൊണ്ടിരുന്നു അച്ഛൻ സമ്പാദിച്ച പണം മകൻ നശിപ്പിച്ചു നൗ ഫോളോ ദോഡൽ വർഗീസ് മുതലാളി ഒരു പുതിയ ഫാക്ടറി നടത്തിക്കൊണ്ടിരുന്നു വർഗീസ് മുതലാളി ഒരു പുതിയ ഫാക്ടറി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ദാമോദരൻ അനിയനെയും കൂടെ താമസിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു ദാമോദരൻ അനിയനെയും കൂടെ താമസിച്ച് പഠിപ്പിച്ചു വത്സല പലയിടത്തും ഇന്റർവ്യൂവിന് പോയിക്കൊണ്ടിരുന്നു വത്സല പലയിടത്തും ഇന്റർവ്യൂവിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മരിച്ചുപോയ കുഞ്ഞിനെ ഓർത്ത് അവൾ കരഞ്ഞുകൊണ്ടിരുന്നു മരിച്ചുപോയ കുഞ്ഞിനെ ഓർത്ത് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കള്ളക്കടത്തിലൂടെ അയാൾ ധാരാളം പണം സമ്പാദിച്ചു കള്ളക്കടത്തിലൂടെ അയാൾ ധാരാളം പണം സമ്പാദിച്ചു മോഡൽ ത്രീ അവൾ ഇപ്പോഴും വീണ വായിച്ചു കൊണ്ടിരിക്കും അവൾ ഇപ്പോഴും വീണ വായിച്ചു നൗ ഫോളോ ബാബുവിന്റെ അച്ഛനമ്മമാർ അവനെ ഇപ്പോഴും കൊഞ്ചിച്ച ബാബുവിന്റെ അച്ഛനമ്മമാർ അവനെ ഇപ്പോഴും കൊഞ്ചിച്ചു ാമത്തെ വയസ്സിലും കള്ളും കുടിച്ച് തെണ്ടിക്കൊണ്ടിരിക്കും പൈലി ഈ എഴുപതാമത്തെ വയസ്സിലും കള്ളും കുടിച്ച് തെണ്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും അമ്മയെ ഓർമ്മിച്ച് അവൻ കരഞ്ഞുകൊണ്ടിരിക്കും മ്മയെ ഓർമ്മിച്ച് അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും നാളെ ഈ സമയം ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കും നാളെ ഈ സമയം ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും അവർ നമ്മളെപ്പറ്റി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും അവർ നമ്മളെ പറ്റി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും ഫർമേഷൻ ഡ്രിൽ മോഡൽ വൺ അമ്മ പലഹാരം ഉണ്ടാക്കുകയാണ് അമ്മ പലഹാരം ഉണ്ടാക്കുകയല്ല നൗ ഫോളോ പത്രം വായിക്കുകയാണ് സാവിത്രി പത്രം വായിക്കുകയല്ല എന്റെ മൂത്ത മകൻ ജോലി അന്വേഷിക്കുകയാണ് എന്റെ മൂത്ത മകൻ ജോലി അന്വേഷിക്കുകയല്ല ചേച്ചി മീൻ പൊരിക്കുകയാണ് ചേച്ചി മീൻ പൊരിക്കുകയല്ല മോഡൽ ടു അന്ന് ഞാൻ ജോലി ചെയ്യുകയായിരുന്നു അന്ന് ഞാൻ ജോലി ചെയ്യുകയല്ലായിരുന്നു അന്ന് ഞാൻ ജോലി ചെയ്യുകയായിരുന്നില്ല രാജ്യം ഭരിക്കുകയായിരുന്നു ചക്രവർത്തി രാജ്യം ഭരിക്കുകയല്ലായിരുന്നു ചക്രവർത്തി രാജ്യം ഭരിക്കുകയായിരുന്നില്ല അച്ഛൻ മകനെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു അച്ഛൻ മകനെ പ്രോത്സാഹിപ്പിക്കുകയല്ലായിരുന്നു അച്ഛൻ മാനെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നില്ല ായിരുന്നു അധ്യക്ഷൻ പ്രസംഗിക്കുകയല്ലായിരുന്നു അധ്യക്ഷൻ പ്രസംഗിക്കുകയായിരുന്നില്ല കുട്ടി പച്ചവെള്ളം കുടിക്കുകയായിരുന്നു കുട്ടി പച്ചവെള്ളം കുടിക്കുകയല്ലായിരുന്നു കുട്ടി പച്ചവെള്ളം കുടിക്കുകയായിരുന്നില്ല മോഹനും ഗോപിയും മണ്ണു മോഹനും ഗോപിയും മണ്ണു മോഹനും ഗോവയും മണ്ണുവാരി കളിക്കുകയായിരുന്നില്ല